തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അല്ലാഹുസുബഹാനുഹുവ ചായാല താഴെ പുഴകളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും എന്നാൽ സത്യനിഷേധികൾ മൃഗങ്ങളെപ്പോലെ ആസ്വദിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു അവർക്ക് താവളമായിട്ടുള്ളത് നരകമായിരിക്കും